അല്ലാത്തൊടുക്കും അള്ളാഹുവിനെ കൊള്ള ഒരു മുസ്റാ അവസ്ഥ അത് ഇട്ടു കൊടുക്കും ഈ ഫിത്തിനി കഴിച്ചിലാക്കാൻ വേണ്ടിട്ട് എങ്ങനെ എങ്ങനെയൊന്നും അള്ളാഹനെ കൊണ്ട് അണിയുന്നൊരു ഇൽസാർ എന്തെങ്കിലും ഒരു പ്രയാസങ്ങള് അതിന് കഴിച്ചിലാവില്ല ഇതിന്റെ പരമ സൌക്ഷ്യമാണെങ്കിൽ നമ്മൾ തിരിച്ചു വരില്ലല്ലോ ഇവന അള്ളാഹുനെ കൊണ്ട് അടയാൻ പണ്ടുള്ള എന്തെങ്കിലും ഒരു വരിങ്ങനെ എന്താ ഏടെങ്കിലും കൊടുത്തു വന്നിട്ട് അതോടൊപ്പം വസനം തന്നെ ഇബാദില്ല അള്ളാഹുവിന്റെ പ്രത്യേക ഇബാദുകൾ ഉണ്ടാവും ഓരെ കൊണ്ട് വസനം തന്നെ നമുക്ക് രക്ഷ കിട്ടുമെന്ന് തോന്നി നമുക്ക് ഇന്നലെ സമീപിച്ചു നോക്കാം മറ്റുള്ള അസുബാപോ മറ്റുള്ള മാർഗങ്ങളോ ഞാൻ എനിക്ക് ഞങ്ങന്റെ മതി എന്ന് പറഞ്ഞ മതാബലങ്ങൾ മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ഇബാദിനെ കൊണ്ട് ഏതി ഉദ്ദേശിക്കുന്നു അള്ളാഹുവിനെ പ്രത്യേകം ആദ്യ ഉദ്ദേശിക്കുന്നു ഓരോ കൊണ്ട് അച്ഛർ തന്നെ നമുക്ക് ഓരോ സമീപിച്ചിട്ട് ഓരോ കൊണ്ട് ദ്വാരപ്പിച്ച കാര്യം നടക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ദ്വാരം വെച്ചാൽ ബുദ്ധനും കിട്ടുമൊബ കുറച്ച് നമുക്ക് എന്തെങ്കിലും താപ്പാന്ന് പറഞ്ഞിട്ട് ഒന്ന് നിൽക്കൂടാ അങ്ങനെ കണ്ടുവരും ആദ്യം അങ്ങനെഅമ്മാൻ്റെ അവലിയാക്കളിപ്പെട്ടേ വലിയ സിറിന്റെ മേലെ അവനക്ക് ഇത്ര ആക്കി ഓ അത്ത ഇനി അതിലേക്കുള്ള പോവുകയും ചെയ്താൽ വക്കാതെ അവരുടെ പോയിട്ട് പറയും നമ്മളെ താര ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വിളിക്കണം അതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓ ഈ വലിയ വാജിബായി കപൂരുകൂ ീ അങ്ങനത്തെ ആളല്ല നീ നമ്മളെ കൂടെ വരാൻ പറ്റാണെന്നുണ്ടോ അതൊന്നും പറ്റൂല എല്ലാരും വേണ്ടെല്ലാം ഒക്കെ തന്നെ ഓ അല്ലാത്തതും നീ എന്റെ കൈ പിടിക്കലും വാജിബായി തീർന്നിരിക്കുന്നു എല്ലാ അറിയും എല്ലാ അറിയും അവനെ വിരട്ടോ നേരെയാണ്ട് അവർ കയറി വന്നതിന് ശേഷം എനിക്ക് പറഞ്ഞു കൊടുക്ക ഇന്നതാ വേണ്ടോ അവൻ ആദ്യം വെച്ച് നോക്കുന്നുണ്ട് ആദ്യം അക്കീലെ പരിശോധിക്കുള്ളൂ ബാഡോ നിന്റെ അക്കീല എങ്ങനെയല്ല നീ എന്തല്ലാതെ വിശ്വസിക്കുന്നു പറഞ്ഞാട്ടെ ഇല്ലേ ആരാ നീ എനിക്ക് വിധേയ ിനെ കൊണ്ട് ഹുസനം വന്നിനെയും ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ അണാവൂലീം പറഞ്ഞു നീ കേസിൽ നടത്തുന്ന അറിയന്മാരും കേട്ടിട്ടില്ലല്ലോ അവന്റെ കല്ലിൽ അള്ളാഹുവിനെ കൊണ്ട് അണയണമെന്നും അള്ളാഹുവിന്റെ പ്രത്യേക ഇബാദിനെ കൊണ്ടുള്ള ഒരു വലിയനെ സമീപിച്ചാണ്പ്പറ്റിയുടെ നിങ്ങ ഏതാളെ പറ്റിയാ പറയുന്ന നിങ്ങ ഏത് കാട്ടിലായിപ്പോ ഉള്ളത് നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുവാ അള്ളാഹുനക്കുള്ള കവിൽ ഇത്രാനാദിനെയും ഒഴിച്ചു കൊടുത്ത് ഹസ്വറല്ലേ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു വരിക്കിന്റെ സിറിന് അറിയിച്ചു കൊടുത്തിട്ട് ആടെ വന്നിട്ടാ പറയുന്നത് ഞാൻ വന്നതിനാണ് അന്നം നിങ്ങൾ സ്വീകരിക്കണേ കൈ പിടിച്ച് കേട്ടണം ഓടെങ്ങനെ വിദേശനായി ഇനി വിദേശനായോ നന്നാക്കണോ പിടിച്ച് നന്നാക്കണോ തുട ഈ ചാടല നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്റ്റേജ് കിട്ടി കൂക്കിയാ പോരാ ബാ ബാടോ നീക്കുന്നില്ല എന്ന് ഒന്ന് പറഞ്ഞാട്ടെന്നാണ് ലോകത്തിൽ കൂട്ടി നിന്റെ അക്കിലൊന്ന് പറഞ്ഞാൽ നാട്ടെ ശരിതാവ് പറഞ്ഞു കൊടുക്കുക ശരി തിരിയായിട്ട് വരുന്നോ ആകെ കൺഫ്യൂഷൻ അയച്ച് ഏതാ കേൾക്കേണ്ടത് തിരിയാണ്ട് ആകെ കൽപ്പുലത്തായിട്ടുണ്ടോ ഞാൻ പറയുന്നത് അതിന് തത്വം പിന്നതാണ് അഹൽ സുന്ന പ്രത്യേകം ഓലക്കാല വാർത്തയല്ല നമ്മൾ അസുല്ലാമിന്റെ മാന വേറെയാണ് ഇന്ന് സുന്നത്ത് ജമാഅത്താണ് കൊടുക്കുന്നത് ജമാഅത്ത് എന്താക്കി സുന്നത്ത് അർപ്പിക്കുന്നു അതായിപ്പോ ആരാണ് വന്നത് മറച്ചു വയ്ക്കൽപ്പെട്ട ഒരു ഇനമാണ് നമ്മൾ നോക്കി പകരാൻ പാടില്ല ഓരോ ജഹാലത്ത് മാറാൻ പാടില്ല എന്നുള്ള ചുറ്റുപാടല്ലേ വന്നത് വക്കത് കാലം ആകത്താ ഇന്നല്ല എട്ടുമൂലം ആ മറക്കീനെ മറച്ചു വെക്കുന്ന ചില ആളുണ്ട് അവർക്കല്ലാൻ അകുണ്ടല്ല അനത്തുണ്ടെന്നവർജിനും മറക്കാൻ പറ്റൂലെന്നാ വായുലൻ മാത്രമല്ല റത്തു ഓൻ അകപ്പെട്ടതി ഓൻ ഏത് കുറ്റത്തിലും ഏത് പിഴവിലാണോ ഉള്ളത് അതിൽ തന്നെ നിലനിർത്തലായി സമ്മതിക്കും ഇതാണ് ഓന കലകാര്യം മാർഗണ്ടെന്നില്ല ടക്കിയാന്നുണ്ടാകും ഇതാ മാക്കാനാരി ഓൺ എന്തിനാണോ ഇപ്പൊ ഉള്ളത് അവിടെ തന്നെ നിലനിർത്തിയാലി ഈ ആ അനു അലദ് ഫീ മാഹു വീ ഓൺ എന്താപത്തിലാണോ പുണിത് ആ ആപത്തിൽ തെറ്റ ഓടാൻ നിലനിർത്തലായില്ലേ ആനത്തും മാസിയത്തിന്റെ നിലനിർത്തൽ മറ്റൊരു മാസിയത്താകുന്ന ഈ പറഞ്ഞെടുത്തോളം എപ്പോഴാണ് ഈ കാന സാധിക്കം തീരാതെ തീരാതസിന് ചുരുക്കമായി വന്നാളെപ്പറ്റി ഈ പറഞ്ഞെടുത്തോളം അതുകൊണ്ടാണ് എന്ത് വന്നത് ഇൽ തറാറ് വന്നു പ്രശ്നം തന്നെ ബിബാതില്ലായി വന്നു അവലിയാക്കളിപ്പെട്ട അവലിയനെ കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞത് സംഘം പറഞ്ഞ പ്രകാരം ഏറി പറഞ്ഞ കാതിബ് വന്നു വെക്ക അല്ല സാധിക്കൻ പറഞ്ഞവെച്ചു സാധിക്കൻ കാതിബ വരണ്ടേ അമ്മായി കാന കാതി പറഞ്ഞത് കാതിക്ക എന്നാൽ ഓനെ സ്വീകരിക്കണമല്ലി ഫസാദ് കഴിയുമല്ലോ സാധിക്കൂലേ കുറേ ശതമാനം പച്ചാതരിയാവില്ലെങ്കിലും ഏതെങ്കിലും ബർദ്ധപ്പെടുത്താൻ സാധിക്കുമല്ലോ നഫഹത്തിൻ്റെ നഫഹത്തിന് അപ്പൊ ഒന്നല്ലേ നമ്മളെ കാത്തി പോയിക്കോന്നൊക്കെ അതിന് പോയി ചോദിക്കേപ്പിബി എങ്ങനെ വാതു ആലപത്തിനെ കൊണ്ടൊക്കെ വാതുക്കാ നിർത്തിക്കോ മുഖാലത്തെ ഔലിയ ഈ ഔലിയ മുഖാലത്ത് ചോദിക്കും ഈ മഹാൻമാർക്കള്ളാഹാര തുറന്നു കൊടുത്തതിന്റെ ഒരു മിസിലു കൊണ്ട് ഇവരിക്കും അള്ളാൻ റഹ്മത്ത് വിശാലമാണ് അതന്നെ അള്ളാൻ റഹ്മത്ത് കൊടുക്കലല്ല വേണ്ടത് എപ്പാ കണ്ണൂർക്ക് ആരാന്നും ഒന്നും ചെയ്യൂല ചിലപ്പോ ഒറ്റ ക്ലാസിൽ പങ്കെടുത്തിട്ട് പോയാൾ ചോദിന്ന് തുടങ്ങിയാലുണ്ടാവും ചിലപ്പോ വലിയ കാര്യങ്ങളായാലുണ്ട് അബുദാബിന്റെ പുറത്തെ ഒരാളെ പണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ക്ലാസിന് വേണ്ടി ഒരു രസം എന്താക്കും വേറെ വലിയ രസകരമായിട്ട് തോന്നി രസം വരാൻ തുടങ്ങി അമ്മ ഒപ്പിക്കൊണ്ടുകൂടി നല്ല ഒന്നാം ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞു ഒരൊറ്റ രസം കുറഞ്ഞില്ല അതിന്റെ കാനും ഒപ്പിച്ചിട്ട് വളരെ നല്ല കണക്ക് ഞാൻ ചോദിപ്പോന്നു അങ്ങനെ നീ പോയിക്കോ നീ വണ്ടി കൊണ്ട് വെയ്യാന്നായി ഒരൊറ്റ ലഹള കൊണ്ടല്ലോ കൽപ്പിട്ട് പോകും അവസാനത്തെ നിമിഷത്തിൽ ഉപദേശിക്കണമെന്നാണ് നിങ്ങളതൊക്കെ കുടുങ്ങിയ ആളെ അതീച്ചു കേട്ടിട്ടില്ലേ എന്താ ഉള്ളത് ഇവിടെ അയാൾ നിരവധിക്കൊല്ലം കാമുകനായിട്ട് കഴിഞ്ഞുകൂടി കൃത്യ ചാൻസലിൽ ഉപയോഗിക്കാൻ നോക്കി നൂറ് പെൺ എണ്ണിക്കൊടുത്ത് പെണ്ണുങ്ങളൊക്കെ വന്ന് വാതിലടച്ച് കൂടി തുണുങ്കിപ്പഴം മാറ്റി ഇരുന്നേൽക്കുന്ന ഈ നിമിഷം വരെയും അയാൾ ഉപദേശിക്കാതെ നടക്കാൻ നോക്കിയിട്ട് അയാളെ കൺതില്ലുള്ളത് ഈ ലഹരിലെ വരെയും ഒരു ഉപദേശം ഉപദേശം സ്വീകരിക്കുണ്ടോന്നുണ്ടോ അവസാനത്തെല്ലാം നിരാശപ്പെട്ട രംഗത്ത് ഇത്തക്കില്ല എന്ന് വന്നപ്പോഴും ചെട്ടിയില്ലേ അപ്പതെന്ന് ദോഷത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ ഉപദേശം കണ്ടുപിറത്താൻ സാധ്യതയുണ്ട് അയാൾ പിൻവലിച്ചു നൂറ് പെണ്ണോക്ക് സമ്മാനമായി കൊടുത്ത് ചിരിഞ്ഞോടി അയാൾ വലിയന്തായി മനസ്സിലായി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാശയായിരുന്നു ഇതെങ്ങനെ തള്ളിക്കളിയും അത് നീങ്ങിപ്പോയി നമ്മുടെ അവിടെ വെളിച്ചം കളി അതന്നെ ഈ സമരാവസ്ഥാ നിശ്ചിച്ചു പോയത് നമ്മൾ നല്ല ആളിങ്ങും വടക്കാൾ വടക്കാൾ ആരും നല്ല ആളെ കൊണ്ടടുക്കും പാടില്ല നല്ല ആളാരും വടക്കാൾ കൊണ്ടടുക്കുന്നുമില്ല തീർന്നില്ലേ ഇത് കാരണം വിഹാരത്തിൽ എന്തെങ്കിലും ഒരു ഹാരത്ത് ആ ഹാരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാറടുത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ഹാലത്ത് ഹാലത്ത് കൊണ്ട് മുത്തഹല്ലിയ ഒരു മനുഷ്യൻ ഹാ വിറോഹം ഇന്ന് അവിടെ ഹാജരായാക്കും അതിൽ ഒരു അംശത്തിന് തൊട്ടും ഒന്നും ഹാരിയാവുന്നതല്ല എന്നാണ് ഈ സത്സിനെ അള്ളാന്റെ അവിടെ നിന്ന് ഒരു ഹാരത്തി കിട്ടിയിട്ടുണ്ട് അയാൾക്ക് ഒരു ഹാജറായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു അംശയാൾക്ക് കിട്ടാണ്ട് പോവുകയും ചെയ്യില്ല മാർക്കറ്റിൽ പോയി ഒന്നും വാങ്ങണ്ട അത് കേറി കഴിഞ്ഞിട്ട് വരുമ്പോ ഉടക്കു പറഞ്ഞുണ്ടാവും തുടങ്ങിപ്പോയോ തൊട്ടിട്ടും കൂടെ ഉണ്ടാവില്ല എന്നാലും ഉണ്ടാകും തുടങ്ങിപ്പോഴിവാമോ പരക്കോട്ട് വന്നട്ടെ എന്നുണ്ടാവില്ല ഏതോടൊപ്പം അള്ളാഹ് ഇത് വളരെയധികം ആഗ്രഹം വെക്കുന്നൊരു അവസ്ഥയാണ് അള്ളാഹിന്റെ ഉമ്മർ ലോകത്ത് എടുക്കണം അന്ന് തൻ പെൻപിട്ടുന്ന കാര്യം അതുകൊണ്ട് ചെറിയൊരു ഇടപാത്തന്നെ അവർക്ക് പിടി കൂടും ഈ അകറ്റി നിർത്തലുകൊണ്ട് അട്ടാതെ പ്രശ്നം വരുന്നു സമഞ്ചാലാവതി സേവിഹീന പാഞ്ചൊല്ലി അത്ര അച്ചുവടക്കാരകൾ കൂടിയാൽ ഓട തീപ് കൊണ്ട് ഇവരിക്കും മാസം കിട്ടുന്നുണ്ട് വളില്ലായിരിചാലും അള്ളാഹു ചില നിചാലുണ്ട് ൻ അവർ ഒരു നോട്ടം നോക്കിയാൽ ആരൊക്കെ നോട്ടത്തിന് ശേഷം അവർക്ക് ഒരു ശക്കാവത്തില്ല എന്നാണ് പറഞ്ഞത് വളി റിജാറും അവരൊരു നോട്ടം നോക്കിയാൽ പിന്നെ വേറൊന്നിലേക്കും ഇഷ്ടക്കാർ അല്ലാത്ത രീതിയിൽ ഹിനാണ്ടായിക്കൊടുക്കുന്നുണ്ട് رضي الله عنهم آمين وحرصنا في تركهم آمين وجعلنا في محبهم آمين وقال يا قومي أتقبلوني ورباه من ركوب الإثم وآمروه باقتتاب العلم وآمروه بلزوم الطعاء والماء والقبلة والجماعة وقرروا فيه شروط الطوبة وأمروه بلزو من صحبة ثم أمدوه بالعلم اللاهر حتى السكامة عنده السرائر <تصفيق> جاء تربية لترقيبة ورية ആദ്യം അവനെന്താക്കി നല്ല സ്വാഗതപൂർവ്വം കയ്യിൽ പിടിച്ചിരുത്തി സ്വീകരിച്ചു അവൻ അവനെന്താക്കണം താറ്റീല് നൽകണം പേടിപ്പിച്ചറിയിക്കണം നിർമുക്കോമിൽ നിശിമി കുറ്റങ്ങൾ ചെയ്യുന്ന തൊട്ട് കുറ്റം ചെയ്താൽ ഓനിലെന്താണോ കുറ്റം ആ കുറ്റത്തിനെ പറ്റി ബോധവാനാക്കണം ഇത് ഭയങ്കര തെറ്റാണ് ഇന്ന് ഞാൻ ആറ്റിരുന്നതാ പറഞ്ഞ് അരിച്ചിരുന്നതാ പറഞ്ഞു ആ കുറ്റവനത്തിനെ പറ്റി ഓനബോധവാനാക്കണം ഒന്ന് രണ്ട് വ അമറോഹ വ്യക്തി താബിൽ ഇൽമ് പഠിക്കാനുണ്ട് ഇല്ലാതെ കണ്ട് കാര്യങ്ങൾ നടക്കൂല അണ്ട് ഇൽമ പഠിച്ചു നമുക്ക് മുന്നേറണം എന്ന് പറഞ്ഞു കൊടുക്കണം രണ്ട് ഇൽമ മാത്രം പഠിച്ചാലും പോരാ അല്ല പോരാ ഇൽമ മാത്രം പഠിച്ചാലും പോരാ വ അമോഹിവാ അഹുവിന്റെ വെളിപ്പെടൽ ആദ്യമാകുന്നു എന്നതും കൊണ്ട് കൽപ്പിക്കണം അപ്പൊ ആദ്യം കാര്യം എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ വളരെ കാര്യം പറഞ്ഞു കൊടുക്കണം മൂന്ന് والماءي والله والله મેદા ઓલું નાકાનંત હારצો અરંગો વલ કિબલા કિબલા કોન દીકેલી કિબલા માઈ માદબ પોટી દીકેલી અબ વલ કિબલા કોન દીકે તો નિસ્કાર તલે કે સૂઝને આઈ વલ જમાઅતી જમાઅતલ બન્ડડકરમ એનું મરજોડુકણ અબ દકન્ડે શબ્દોલે જમાઅતલ ન જમાઅત અન્સકાર લલ વન વકરરુ ફિહી അവന്റെ കാര്യത്തിന് അവർ ചക്രീറാക്കി കൊടുത്തു സുറൂട്ടി തൗപലിന്റെ ചെറുത്തുകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ കാലത്തിനോ ശുദ്ധീകരണം നടത്തണമല്ലോ തൌപലിന്റെ ചെറുത്തുകൾ എന്തൊക്കെയാണെന്നുണ്ടാക്കണം അവനിക്ക് വിശ്രയിച്ചു കൊടുക്കണം വാഹോ അവരോട് കൽപ്പിക്കണം ശേഖരം ശേഖറിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള സ്വഹബത്തിനെപ്പോൾ ലാസിമായിക്കൊണ്ടിരിക്കണം എന്നും പറഞ്ഞുകൊടുക്കുക ഇതെല്ലാം ചെയ്യേണ്ടത് ഓരോ കഥ ൂഹു പിന്നെന്താക്കും ഇന്താദ്ഹിറായ ഇരുമുകൊണ്ട് ഇവനിക്കും ഇരുമിന്റെ പോരായ്മുണ്ടെങ്കിൽ ലാഹിറായി ഇൽമേദാണെന്ന് നമ്മള് ചെയ്യാത്ത മാത്രമല്ലാദ്യമായ മൂന്ന് അറിവുണ്ടല്ലോ ആ മാഹിറായ ഇരുമുകൊണ്ട് ഇന്താത് ചെയ്യും എത്ര പേരെ അത്താമത്തിൻ്റെ അവന്റെ അറിയാ ബാത്തിൻ ആ ബാത്തിന് നല്ല മുത്തക്കൈമാകുന്നതുവരെയും ആ ഈ രീതിയിൽ അങ്ങോട്ട് നീ إذا أتل فقيرو إلا شيخ لأيك وننال لأيك وضع بيديه شيخم داكنام ورأك يبديكنام مننا وللو فَأَبَّلُ مَا يُلَكِّنِهُ الْوِرُدُو آدْيَمْ أَيْتُّ وُرُكِنْدَ دِِِرُدَّا هذا بايتِّي پَرَنْتِ ليلام تاريهار وردن آدْيَمْ أَيْتَ الْكِيَنْ جَيَنْدَسُ دِِِرُدَا أَلَّا نَقْدُو എന്നുണ്ട് പൽസീന തീർച്ചയായും തൽക്കീൻ ഏതൽഗിരി മേച്ചാകെല്ലി കൊടുത്ത് തൽക്കീനല്ല പറയുന്നത് ഇവരുടെ വാചകത്തിൽ കൂടി വൈകിട്ട് പറഞ്ഞു കൊടുക്ക ഓനേറ്റ് പറയുന്ന ആ ബാചകഥിക്കുന്ന കലിമാർ ആ തൽക്കീനിലുണ്ട് കഥയും അതിൽ മാംബിച്ച് വറക്കത്തുണ്ട് ഒരു മനുഷ്യ കപില എന്നൊക്കെ കപലക്ക് താലുകൊടുക്കേല കപിലും താലി കൊടുക്കാൻ ചെയ്തല്ല മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കൽ വളരെ കുറവാണ് കപില തലക്കെയും തൽക്കയും കിട്ടുന്നതിന് മുമ്പായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുറിച്ച് ആവേരി കുറവാണെന്നാ പറയും അതിനാദ്യം സ്റ്റാർട്ടിക്കുവാ കപല എന്ന് പറയുമ്പോ അർത്ഥം ഒക്കൂല എന്താ തൽക്കി എന്ന് പറഞ്ഞാല് അത് ദിനസിലും മറവിഞ്ഞാതാ സാദാസീങ്ങളെ തൊട്ട് റിവാറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിൽസിലാണ് എനിക്കും നാളെ ജൊല്ലിത്തന്നു എനിക്കും നാളെ ജൊല്ലിത്തന്നു എനിക്കും നാളെ ജൊല്ലിത്തന്നു എന്നിട്ട് തൽക്കീനതാ അവിടം വരെത്തും ഇതാ പോലെത്തില്ലോ എന്നുള്ള വാലിബ് നോക്കി പറഞ്ഞതേ ഉള്ളു പല സാഹചര്യങ്ങളിലേക്ക് എത്തുന്നുണ്ട് െത്തുന്നുണ്ട് സൽമാൻ പാറത്തിലേക്ക് എത്തുന്നുണ്ട് അവലവകുണ്ട് എന്താ അല്ല അജയറുമാത അച്ചക്ക മിതാമിന്റെ ചെറുതാക്കമാതും തെറ്റിക്കൊടുക്കുന്നു അങ്ങനെയല്ല നമുക്ക് ഇത്രത്തോളം ചില അങ്ങനെ കണ്ടെന്നുള്ളു അതാ ചുമറുഹോ അപ്പൊ ആദ്യം തൽക്കിയും ചൊല്ലിയതിനു ശേഷമാണ് പിന്നെ ചുമ ജോഹോ ബിത്തൗപത്തി പിന്നെ തൗക കൊണ്ട് കൽപ്പിക്കണം വറത്തിൽ മതാലിനെ അക്രമിച്ചെടുക്കപ്പെട്ട വല്ലതുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചേൽപ്പിക്കണം പിടിക്കാനുള്ള അതെല്ലാം കടം വീട്ടിലും കഴിവിന്റെ പരമാവധി വൈഹദ് അവനെ ഒന്ന് താക്കീൽ പൊടുത്തിക്കണം ഇങ്ങനെ ജോലിയില്ലാത്ത പണ്ടുണ്ടായ ജീവിതത്തിലേക്ക് മറിയിൽ പോകലിനെ തൊട്ട് താക്കീൽ നൽകണം പിന്നെന്താക്കണം താലീമാക്കണം അനിവാര്യമായ കാര്യം പഠിപ്പിക്കണം അത് ശുദ്ധീകരണം ആവട്ടെ നമസ്കാരം ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ അപ്പൊ നിസ്കാര നിസ്കാരവുമായി ബന്ധപ്പെട്ട റാത്തും അക്കിതാൻ അക്കാദന്റെ കാര്യങ്ങൾ അതിലുണ്ടാകുന്ന പോരായ്മകളെല്ലാം പഠിപ്പിച്ചുകൊടുക്കണം അപ്പൊ താലീമും കൂടി നടത്തിയിട്ടേ ദറുതീട്ട് നടക്കുകയുള്ളൂ എപ്പം ഇൻഖാന ജാഹിരൻ ജാഹിൻ ആണെങ്കിലെ പഠിപ്പിക്കുന്നുള്ളൂ അത് തന്നെ വന്നതാണെങ്കിൽ അവിടെ കൊണ്ട് തുടങ്ങിയാൽ മതി കഴിച്ചു വാക്കിയല്ലേ തുടങ്ങും എളുപ്പമാകുന്ന കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കൽ മുജുമാകുന്നു അതിലെ പന്തികടുണ്ടോ എങ്ങനെയ്ക്കണം ഹാലിൻ അലി ദലീൽ ദലീലിനെ തൊട്ട് ഹാലി ഐജ് എന്നെ പഠിപ്പിച്ചു അവസാനിച്ച് തക്കലീദ് മറിയുന്നതോട് പറയും ശേഷോട് അപ്പൊ ജേഹ് ഉണ്ടാക്കിയാണെങ്കിൽ തക്കറിയിൽ ദേശം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആദ്യത്തില്ലത്തും ദലീൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് മാത്രം അവന്റെ ബുദ്ധി വിശാലമായി കൊള്ളുന്നില്ല സർക്കാർ പലതരത്തിലല്ലേ എന്നെ ദലീൽ ഓനിക്ക് വിട്ടു കൊടുക്കും ഓൻ ഇഷ്ടം നടത്തിക്കോട്ടെ ബസീരത്തെ നഹലാമാണെന്ന് കേറിക്കോട്ടെ അപ്പോ തക്കീന്ന് വരിക തുടങ്ങുന്നു ദലീൽ എന്ന് പറയും ഈ ഓന്റെ ഷൈനിൽ അത് കൊടുത്തില്ല എന്നുവെച്ചോ ഓണിക്കിട്ട് പഠിപ്പിക്കാനും ഇത് പറഞ്ഞു കൊടുക്കാനും ഇനി ഉണ്ടാക്കാനും തൽക്കാലം ഒഴിവില്ലാന്ന് ആയിക്കോട്ടെ ആണെങ്കിൽ ദാമഴിഞ്ഞ പഠിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം ശേഷം ഉണ്ടാക്കണം ആട് വിട്ട് പോണം ഓത്ര പോകുന്ന ആളാന്ന് ഇവ പഠിപ്പിക്കാനൊന്നും ഇതോ സംഗതി കൊടുക്കില്ലല്ലോ അപ്പൊ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾക്കെ അത് പഠിപ്പി ദൈവിക്കുന്ന കുറവുണ്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടാക്കാം ഒരു ആള് ഏൽപ്പിക്ക പിന്നെ പാറ്റിനിൽ ആദ്യമാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം ആ കാറ്റിനാൽ സ്ഥലത്ത് സ്ത്രീന്ന് ഡിക്കല് കാണിക്കാം അതായത് കൊല്ലുവാഹി ഇതിൽപ്പെട്ട ഓരോന്നും അവനെ വന്ന് അനുയോജ്യമായത് നമ്മുടെ ഒറ്റപ്പാടും സദസ്സുകാരെ പ്രവർത്തിക്കും ഷെയ്ഹ് എന്ന് വചരിച്ചു പറ്റൂല ലിയാൻ എഹ്ഹ തീർച്ചയായും അന്നൂ എക്കൂറോ സമീപം മാഹിറൻ അത് തക്ക മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര രണ്ടാം ചോദ്യം അഞ്ചാമത്തെ പേജിൽ തീർച്ചയായും ചെയ്ത് തക്കദമ്മ നാ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖബറാണ് എന്താ പറഞ്ഞത് അന്ന ഊക്കൂറോ സമീപം മാഹിറൻ ഏ മറ്റേ ജാലിനെ കാണിയും പിന്നെ ബക്റാസിനെ കാണിയും വലിയ ഈ വിഷയത്തിൽ എന്തായിരിക്കണം മാഹിറായ വിദഗ്ധനായ വൈദ്യനായിരിക്കണം എന്ന വൈദ്യശാസ്ത്രത്തിൽ അവരെത്രത്തോളം മാഹിറാണോ അതിനേക്കാളാ മാഹിറാവണം ഈ വിഷയത്തിൽ ഇദ്ദേഹം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ മരുന്നും എത്ര അളവ് എത്ര ഡോസ് ഏത് രീതിയിൽ എങ്ങനെ കൊടുക്കാമെന്ന് അത് തീരുമാനിക്കണം വൈദ്യം തീരുമാനിക്കുന്നതുപോലെ ദിക്കറ് തരാൻ മുതലാകാം ഇവന്റെ നോക്കിയിട്ട് കെൽപ്പിച്ചു കൊടുക്കണം രാജ്യമാക്കണമെന്നും വലു ചിത്തിഹ്വാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചു പോകണമെന്നും കൽപ്പിക്കണം അതാണ് സ്വഹംബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂപ്പറ പറയുന്നത് തർത്തീബ് അല്ല ബൈസിപ്പറഞ്ഞ് നിർത്തി അറിയാൻ പറയും ഞാനീ കണ്ടത് എല്ലാ നോക്കണ്ട കണ്ട ദർത്തീപ് ആകുന്നു മുസ്ലിം ലിഫ്ബറി കുറച്ച് വ്യത്യാസങ്ങൾ കാണാം എന്ന് പറയുന്നത് ൂടേ തെല്ലാം ഒറ്റക്കൂടിയാലേ ശരിയാവൂല മറ്റവരുടെ കൂട്ടത്തിൽ കൂടി ലെവലായിരണം വൈനമായ തഴിയെത്തിബ ഇത്തിബ ഇതാണ് തറബിയത്തിന്റെ തെരീക്ക് ഇജ്സിമാൻ സ്ലീഫും മൊഴിയും മുരീതന്മാറും മറ്റുള്ള ശൈഷന്റെ മറ്റു മുരീദന്മാറും എല്ലാം കൂടെ ഒരു ഇരുഷ്ടിമാരണ്ടാകുക അതിൽ പറയപ്പെടുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധ കേട്ട് മനസ്സിലാക്കാൻ ഇഷ്ടിമാര എന്നിട്ട് അംഗീകരിക്കാനുള്ള കാര്യം ഇഫ്തിമാര് ചെയ്യാം ഇതാണ് ഇതിലുണ്ടായൽ മുരീദോ അനിൽ ഇഹ്വാൻ ഇഹ്വാനികളെ കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിച്ചാൽ എന്താകും ലഞ്ജക്കും ഓല വക്കെന്നൊന്നും ഉണ്ടായിത്തീരൂല ഓല പറയിപ്പോ ഫൈൻ താമസ ഇനി ശേഷനോടൊപ്പം മോനിക്ക് കൊറേ കാലം താമസിക്കാൻ താഴ്ന്നതായി അങ്ങനെ സാധിക്കില്ല എന്നാ അമർ ബി ആറസിന് അടുക്കടക്ക് കാണാൻ വരാൻ പറയുന്നു വി ആറസിൻ്റെ അതോ ഇവിടെ വന്നു ചേരണം അപ്പ മതാരൻ ഇല്ല മുരീദ് ശേഷനിന്റെ മതത് മുരീതിലേക്ക് ഒഴുകി വരുന്നതാണ് കത്താക്കിയെത്തില്ലാത്ത സറിയോ ചെറിയ പുഴ ഇല്ല ഈ കാതൂർ ഓവുജാലി ഈ പൈപ്പിൽ എന്നത് മാതി ശേഷൻ്റെ വധം എന്താ ഓവുജാലി വരുമ്പോഴെ മുരിതിരിക്കും ചെറുചേരും അപ്പം എന്തോണം ഈ ബന്ധം എപ്പോഴും സ്ഥാപിച്ചു വെച്ചിരിക്കണം എന്നറി ബന്ധം അച്ചുപോയാ പിന്നെ വെള്ളം ഇങ്ങോട്ട് കണക്ഷൻ കിട്ടുക അത് തന്നെ പറഞ്ഞു പൈസ ഈ താഹീയത്തിനെയോ വരണ്ടാക്കുന്ന ശരിക്ക് അനു സന്ദർശിച്ചു പോരുന്നു അതിൽ കൂടി നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബഫിയൽ മാവു ജാരി വെള്ളം ചിരിക്കപ്പോൾ ഊന്നലായി മാറുമല്ലോ ഇനി വയൻ റഫല എന്നാ ഈ സാധ്യത ആകുന്ന ഈ ഓമുജാലത അതിനെ തൊട്ട് റഫലത്തായി എന്നാൽ തക്ക പറഞ്ഞാൽ മാവ് വെള്ളം മുടങ്ങിപ്പോകും വൻകാല കഴുകി മറ്റുള്ളതിനോടൊപ്പം തകെല്ലാം മുറിപ്പിച്ച് മുങ്കലി വഴി മാറിപ്പോകും ഈ ചാലെല്ലാം തോന്നിട്ട് എപ്പോഴും ചാല് വൃത്തിയാക്കിക്കൊണ്ട് വന്ന് സ്ഥാപിച്ചു വിടുന്ന വള്ളം ഇങ്ങനെ ഉയിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് وائلن انظرو اذا سيخه ليكുള്ള وصول يدل على المحبه شيخن اور محبت ഉണ്ട് എന്ന് അറിയുന്നു ഇന്താ കാണിക്കുന്നു يدل وانا نقيها محبت نوبத்தி മരീക്കും بوصورം ഇന്താ بوصൂർ എന്ന് മലരീക്കും محبت ഉണ്ട് എന്ന് ഇന്താ അതനക്കും അനിൽ നഖീഹ മല മഹബത്തിന് ഓട്ടം ഉണ്ട് മജുദൂ മജുദൂ പറഞ്ഞു പറഞ്ഞതുപോലെ വലാമ ഇല്ലാഹാനി മുസൂൽ കൊണ്ടല്ലാതെ അപ്പൊ മുസൂനും മഹബത്ത ഒരു വലിയ പന്തുണ്ട് ഷെയ്ഫുമായിട്ട് എപ്പോഴും ചെന്ന് ചേർന്നോണ്ടും ബന്ധപ്പെട്ടുകൊണ്ടും അല്ലേ മഹബത്തുണ്ടാവുള്ളൂ വല വസ്തു ഇല്ലാ കാനി അത് വലിയ വലപിടിച്ച അമൂല്യമായ വസ്തുവല്ലാത്ത വേറൊന്നും അല്ല ഷെയ്ഫുള്ള ബന്ധപ്പെട്ട് കഴിയാവുന്നതിൽ വലിയ അമൂല്യമായ സാധനമാണ് ലാ ഷറാബ ഈ ശറാബണ്ടത് പനീയം ഇവിടുന്ന് നമ്മൾ കുടിച്ച് കിട്ടാൻ കുടിച്ചു അത് വസ്തുവുമാണ് പരസ്പരം വെക്കുന്നല്ല തീരെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടില്ല കുടിക്കണം سيرجي فرطة مخصومة عشرابيه اللوم ولا مقام إلا عالي ونظم يمقام اللا طرل مقام غره اللا ثم يذكره عبلاً إلجراتي ممبتة سيخنا كعنام بذنم إليه قامتين سعادة كلهم بذنبذكرون للهراني ദ്യമായിട്ടവനറിയിക്കേണ്ടത് ജവാരിഹനും അവന്റെ നാഹിറായ ജവാരിഹനെ നന്നാക്കാവുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതേതാ വയ്യ തക്വാതിരാണ് വയ്യ തലഹത്ത് ജവാരിഹനും അംഗങ്ങളെല്ലാം സാര ഹായിക്കഴിഞ്ഞാൽ അമരഹോബിൽ ഋസിലത്തു കൊണ്ട് കൽപ്പിക്കാം ഇപ്പോഴുള്ള കൂട്ടുകെട്ടലൊന്നു മാറ്റണം എന്ന് വന്നിട്ട് ഋസിലസ് De soumthi, gundum, va juaue, gundum, ും സേഖന്റെ ആലുവറും അല്ലാത്ത വിസലത്തെ ഉദ്ദേശിക്കുന്നു വൽ സ്വന്ത സ്വന്തുകൊണ്ടും വശപ്പുകൊണ്ടും എങ്ങനത്തെ വശപ്പ് മുത്തവസിത്തി അമിതമായ കളന്നുപോകുമെന്ന് കൊണ്ടു പറഞ്ഞിട്ടുണ്ടല്ലോ മുട്ടവസിറ്റായ ജൂറാകൾബിന്റെ അപ്പെന്തായി വെജ്ലത്തുകൊണ്ട് അനാമിനെയും ഒഴിവാക്കി സ്വന്തുകൊണ്ട് കനാമിനെയും ഒഴിവാക്കി അല്ലേ ജു കൊണ്ട് താമിനെയും ഒഴിവാക്കി എന്തവരെ വാക്കിയുണ്ടായി മഴാമ് അതിന് വന്നോളൂ അനാമ് മണാമ് താമ കലാമല്ലേ നാല് പത്യം ആയിൽ ആയി കൊള്ളണം എന്നും കൽപ്പിക്കണം അല്ലോ തനാഹു അവന്റെ ശരിക്ക് തഹക്കു എന്ന് ബോധ്യപ്പെട്ടാൽ അവന്റെ അത്യാഗ്രഹം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് മതിയാക്കിയാൽ പോരാ എന്നുള്ള വർദ്ധിച്ചു കണ്ടാൽ കൊറേ തുറന്നു കൊടുക്കുകൊടുത്ത പോലെ തുറന്നു കൊടുക്കുക പരിപൂർണമായ തപർ കൊണ്ട് കൽപ്പിക്കണം ഒയ്വ് സമയം കൂടുതൽ കണ്ടെത്തണമെന്ന് പണി കുറച്ചു പിടിച്ചിട്ട് ഓണി സമയം കൂടുതൽ അലായക്കി ഇവരുമായി ബന്ധപ്പെട്ട കുറെ അലായ്ക്കുകളെ മുറിച്ചു മാറ്റണമെന്നും അവായക്കും അലായ്ക്കും എന്നുണ്ടല്ല എന്താ തമ്മിൽ വ്യത്യാസം ഒക്കെ മിം എന്നാണ് എന്ന് പറയാൻ തടയുന്നതാണ് അതിവനിക്ക് അലാക്കത്ത് ഉണ്ടാവട്ടെ ഇല്ലാതെ ഒരു കാര്യം കൊണ്ട് ഇവയ്ക്ക് തടയുന്നു എന്നാൽ അലായക്ക് അയായ്ക്ക് മാത്രമായി അലായ്ക്കില്ല ഇവന്റെ കുടുംബം ബന്ധം കച്ചവടം കൃഷിപരമായി ബന്ധം വിടാൻ കഴിയാത്ത ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേ ഡ്യൂട്ടികളുണ്ട് ഇതെന്തായിരിക്കും അലായിക്കാണ് അതിപ്പോ അവാ് കായ്ക്കൊള്ളൊന്നില്ല അവായി കായ്ക്കോളൊന്നുമില്ല ചിലപ്പോ അവായിക്കും മലായിക്കും രണ്ടും ഒരുമിച്ച് കൂടിയും ചെയ്യാം അപ്പൊ നമ്മൾ മൊക്കെ വിമജല രണ്ടും തനിക്കുന്ന അവസ്ഥയുണ്ട് രണ്ടും ഒത്തുകൂടുന്ന അവസ്ഥയുമുണ്ട് പിന്നെ പിൻകൗനി രണ്ട് കൌനിലുള്ള സുഹൃത് ഇത് മുന്നാവിലെ മതാവോ ആ കത്തിലെ മത്താവും രണ്ടു തൊട്ട് സുഹൃത്ത് ഇവിടെ ആരേ വേണ്ടത് മുക്ക പിന്നാണ് വേണ്ടത് ഹൈറത്തൂൺ ഇവന്റെ ഈ പോക്കിൽ ഇവനിക്കാകെന്തോ ഒരു ബേജാൻ കുടുങ്ങിയിട്ടുണ്ട് എന്തോ ഒരു എന്ന് തിരിഞ്ഞു ആ ദഹിശത്വൻ അല്ലെങ്കിൽ ദഹിഷത്താണ് ഇത്മൽ ഹത്തിൽ ഹീക്കത്തിനെ അവനിക്കെന്താക്കണം ണം വാമറി താൻ ജാതിക്കർ കുറച്ച് കുടിക്കാൻ പറയണം അതുപോലെ ചൂടോക്കിയിട്ടുണ്ടാവുന്ന ലിസാൻ ജാതിക്കൽ കുറച്ച് കുറച്ചു കൂടാൻ പറയണം കൂടിപ്പോയി അതുപോലെ വാമി കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞിട്ട് വകലോബിൽ സിക്രത്തി കൊണ്ട് ചോലാക്കുക എന്നു ഇനി അവനൊക്കെ തിരിയിലെ ഭാഗത്തിനെല്ലാം അതിന് സാധിക്കൂല വരുന്നു ബുദ്ധിമുട്ടി അമി ഇന്ന് കൊണ്ട് മതിയാക്കിയിട്ടുണ്ട് ദൗക്ക് വേണ്ടെന്നാവും പറയുന്നു അല്ല അറിഞ്ഞാ മതി ദൗക്ക് വേണ്ട എന്നാൽ അമ അവനോട് കൽപ്പിക്കണം ഈ തസീർ തസലീമാക്കണം ഇവനിക്കു മുപ്പിച്ചിട്ടില്ല തസിനീമാക്കി കളയണം മാറ്റണം ഇവിടെ വേറെ തടസ്സം വന്നിട്ടുണ്ട് വെറുപ്പ് വേണ്ട ഇന്നോല്ലോ പറയുന്നു അപ്പൊ ഇന്ന് താണലിക്കുന്നു അപ്പൊ എന്തോ തടസ്സന്റെ ഇവിടെ ഈ ലാങ്ങലാണ് ഇവിടെ കൊഴപ്പത്തിനാട്ടി ത്തിൽ നമ്മൾ ശരിക്ക് തമക്കുമായി കഴിഞ്ഞാൽ വേര് ഒന്നുകയും ചെയ്തുയിക്കണം എന്തോക്കാതെന്താസിക്കണമെന്നല്ലേ അവരോട് കൽപ്പിക്കണം ഇറച്ചാ പിന്നാക്കി കുറേയറ്റം ജനങ്ങൾ എന്താക്കണം എന്ന് എറസാതാക്കി കൊടുക്കണം എന്ന് ഇനി ഹിലാപ്പത്ത് കൊടുക്കലാണ് ഈ അഖിലാൻ ഇത് അഹിലായി അവനെത്തിച്ചെങ്കിൽ അഹിലായിച്ചെങ്കിൽ അപ്പൊ എവിടെ തീക്കി ചെയ്ത പടിപടി അയച്ചു കൊണ്ടാന്നത് എനിക്ക് പറയാമോ തുടങ്ങിയ ധർത്തീപില്ലേ ഇത് അത് നമ്മുടെ മറ്റയക്കന്മാരുടെ നാം മനസ്സിലാക്കിയതാവുന്നു പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ മുൻറ്റിന്റെ കാണാം അല്ല വ്യത്യാസം അല്ല ാണ് മുമ്പ മുടിക്കുന്നില്ലാത്ത ആദ്യമായി കുറ്റമിവാക്കണം എന്നാണ് പറഞ്ഞത് വൈഹാദ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തൊട്ടിട്ട് അവൻ താക്കി നൽകണം എന്നാണോ പറഞ്ഞത് മറ്റായ കൽ മക്സൂതി തന്നെയാണ് പറഞ്ഞല്ല ാനും അവരെ തൊട്ട് കരാർ വാങ്ങുന്നതോടാണ് കക്കുന്നതോടെ മേലാൽ കക്കൂല ഏഹ് തുണിയെട്ട് വിളിക്കുന്നവരുടെ മേലാൽ തുണിയാൽ തെട്ടി പിടിക്കൂല കള്ളു കുടിക്കുന്നവരുടെ മേലാൾ കള്ളു കുടിക്കൂല ഇടത്തേക്ക് കുടിക്കുന്നതിന് മേലാൽ തീ കൊണ്ട് കുടിക്കൂല എന്ന് പറഞ്ഞാൽ കരാറ് ഒപ്പിടിക്കുന്നത് അന്നാ വെച്ചിട്ട് സത്യം ചിന്തിക്കുന്നു ഇത് കാരണം ശേഖമാറ സ്വഹംബത്തിലേക്ക് ആഞ്ഞു ചേർന്നിട്ടില്ല ഇല്ലാതെ കസ്റ്റിൽ ദോഷങ്ങളെ തൊട്ട് കാക്കപ്പെടാൻ വേണ്ടിട്ട് കസ്റ്റിനി ഓടിയിട്ടാണല്ലോ അതല്ലേ ഈ ഭരക്കത്തിൽ കൊണ്ട് വധ ആലിക്ക മഹാത്വം പതിലില്ല അത് അള്ളാഹ്ല അനുഗ്രഹത്താൽ ശരിക്കും നടപ്പിലാക്കപ്പെടുകയും ചെയ്യും അതിലാരാണോ ചിരുത്തി സഹിയായത് അവൻ ആരീസ് ശേഷിന്റെ നൂറാനിയത്ത് കഥിയുമാണോ ഇവന്റെ സ്ഥിതക്കും സഹി ആയിട്ടുണ്ടോ എന്ന കണ്ണി നടത്തും പേ ഇവന്റെ ഭാഗത്ത് സ്ഥിതക്ക് തനി ആവണം ശേഷിന്റെ ഭാഗത്ത് നൂറാനിയത്ത് സഹി ആവണം കാബുര്യത്തും പ്രായനീയത്തും ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ജെല്ലിക്കല് എത്ര പ്രവർത്തിച്ചാലും ബഹുല എന്നിട്ടാണ് തീക്ക് ചൂടില്ലായിട്ടല്ല അതിന് അത് ബഹുവാനുള്ള കാബുലിയത്തില്ലായിട്ടാണ് ചിലപ്പോ ചൂട് വന്ന കുറവായൂ അപ്പൊ പായരി എത്തിപ്പുറം പോകണം അപ്പൊ രണ്ടും പാകത്തിനൊക്കെ ശ്രദ്ധിക്കും ഈ കരാറ് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ അതെറവിയാണ് അക്കമ്പരത്തിൽ പറഞ്ഞു വായു നിങ്ങൾ എന്നോട് ചെയ്യുന്ന അല അല്ലാ അന്നാറക്കൊണ്ട് യാതൊന്നിനെപ്പൂല എന്ന കണ്ടീഷൻ നമ്മൾ വയ്യത്തിയുണ്ട് അപ്പൊ എന്താക്കി ഇസ്ലാമിന്റെ കൊല്ലിയും ജുതിയുമായി വയ്യത്തിണ്ടെന്നാണ് ഇത് ഇയാസിന് തന്നെ ഓരോന്നു അവിടെ നടപ്പിലുള്ള പുല്ലി എന്താന്ന് അന്നാ കൽപ്പിച്ചാലനുസരിച്ചോളാ എന്റെ കൈ പോരാൻ വിരോധിച്ചാലും ഒഴിവാക്കോണോ എന്റെ കൈ പോരാൻ അതാ പുല്ലിയും രുതിയാനവസരത്തിൽ ഇവൻ അകപ്പെട്ടിരിക്കുന്ന ഇവന്റെ സാഹചര്യം ഇങ്ങോട്ടാണോ വിളിക്കുന്നതും അതിന്റെ പ്രത്യേകം പ്രത്യേകം പുക വിളിക്കൂല നീ ആന ഉണ്ടാക്കൂല തുണിയെത്തിട്ട് ഓരോ രുതി അല്ലെ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ നോക്കാം തക്കുമാൻ രണ്ടു ചുതില്ല ചെയ്യലും തെർക്കും ഇവിടെ തർക്കമല്ലോ ചെറുപ്പിനെ ചെയ്യൂല വലാസ്പോ കക്കുകയില്ല എന്നും അതെ തെർക്കിനെ കൊണ്ടാണ് വലാസിനോ നിന ചെയ്യൂലെന്നും वलातकुतु वौलातकुम औलादीना कुलूलाᱱ वलातकुतु बिबुतानिन तफरुना रुबयना आइليكुम वरबलिकुम निगले कायिननियम कालनादिरुना बुतान अदर मतलब பண்ணுங்கமாரனா பண்ணு ஜெல்லوريல கொண்டல்ல ஆப்சோரிதுது வஸ்து வலாஸாத்துனீ தீமா ரூபின் ஏது நல்ல காரத்து நான் உமாயிது எலைட்டு குலாவு குல்லியா தர்து மதியதி அல்அதீ െ തേടലുകൊണ്ട് കൽപ്പിക്കണം വനിരൻ ഇവൻ അനിര എന്നൊക്കെ ഈ തേയ്സുകളെല്ലാം പഠിപ്പിച്ചുകൊടുക്കാൻ കഴിവുണ്ടോ എന്നാൽ അമർദോത്തിനു ലിയാലി മഹുനല്ല മർദ്ദിച്ചു തരാം വൈകില്ല അതിന് സാധ്യമല്ലെങ്കിൽ ബാധിച്ച് ദർശിക്കൊണ്ടാക്കണോന്ന് തൊണ്ണൂറ്റി നാപ്പത്തെട്ടിന് ഒന്ന് പറഞ്ഞല്ലോ അപ്പൊ പല ബുദ്ധരിൽ ബാല അത്ര അത്ര ചെയ്ത ശേഷം മുനീലിന്റെ കൂടാണ്ട് കഴിയൂലിന് കൂടാണ്ട് കൈയ്യേ ജീവില ഇത് ലാദി അഹദീൻ ഒരാൾക്കും ഏതെങ്കിലും കാലത്തിൽ മുന്നിടൽ ഹറാമോ എന്നെ ചെയ്തൂടാ എന്ന് അമ്ലാദ് അറിയാത്ത ഒരാളത്തോളം ശ്രദ്ധിക്കില്ല അതാ കവിൽ അറിയില്ലാത്ത ഒന്നിനെ പിൻപറ്റാൻ പാടില്ല അപ്പൊ ഇവിടെ ഇൽമ പഠിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാജുവേറ്റ് അങ്ങോട്ട് പഠിച്ചു വലിയ തനും വേണോ അതൊന്നും വേണ്ട വലു എന്റെ ഹാനിനെ കാണാൻ അപ്പുറം എന്ത് വേണ്ട ഇൽമി ഷവസ്തു വേണ്ട വാജിമാര് അതിപ്പം ആവശ്യമുള്ളു ഈ അന്നതായി പോർത്തുഗിസായത്തിൽ ആരിനേക്കാൾ അപ്പറുള്ളത് പോർത്തുഗിഫായി ആണ് അതും ചോദിക്കില്ലല്ലോ അപ്പൊ മമതാ നഗരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന അവസരത്തിൽ അതിൽ അന്നേരം തേടാം അപ്പൊ ഇപ്പൊ എന്തേ കൊണ്ടു സഹാറത്ത് നെഗസ് ശുദ്ധിയാക്കലും അവിടുത്തെ മടക്കനെ സുഖം മുതലാകം കൂടാൻ കഴിയില്ല പാറ്റിനും അതാ അതെല്ലാം ചോദിച്ചു പറഞ്ഞ അറ്റി തന്നെ ഇല്ല അത്യാവശ്യമുള്ളത് ജാഹിതാഹ ഇല്ലെന്നാവൂന്ന് ഉറപ്പുകളെ തിരിച്ചുമില്ലാത്ത ഒരു മതത്തിലെങ്കിലും വെടിയിലൊന്നും ഇല്ലെങ്കിലും അറിയണം പിന്നെ ഈ സേന ചെയ്യേണ്ട വളരെ നോമ്പു നോമം കൊല്ലത്തിള്ളൂ അത് പ്രത്യേക സന്ദർഭം പഠിക്കും അജ് അന്നേരം ബന്ധം പഠിക്കാം അടുത്ത പന്ത്രണ്ടാമ കൊടുക്കാം അങ്ങനെ പിടിക്കാം ഇപ്പോൾ അത്യാവശ്യം പാത്തിയ വേണം എന്ത് ചൂറത്ത് വേണം എല്ലാത്തിലും പിന്നെ അറ്റാത്ത തോതിയായ റുപ്പിന് വേണം പിന്നെ റുക്കോലും ശരിയെന്നേരുന്ന ഋതി വേണം അതുപോലെത്തെ ഒരു പത്താളം കുടിക്കുകയാണ് പാത്തിന ചൂറത്ത് മദ്യപറ്റി നീറാമായാലും മറ്റും കപ്പീ അന്റെ ചെലിയായ വിചാരണം പിന്നെ തന്നെയുള്ള ആ ഏറ്റതല്ല ഇച്ചര് നോക്ക് മറ്റേ ഇച്ചിര് സാറേ കമാലിക്കു ആ മോദിലും നാതിലത്തില് വരുന്ന അവസരത്തിൽ നോക്കണ്ട അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണം والمتوبين اذنوا اذنودقتهم ولهذه طاعته اللهم طاعات العظماء الذين قدوم وملتي قبلوا وندم عظماء وجمعه ايه جماعه ان صلاه جماعه مستروبين لان الامر الخاص لايه الا بالاستمام الامر العام خاصه امر هيولا اذا خاص امره تو الله മൊക്കാമാിലേക്കുള്ള ദേശം റഹൂറും പനാവും മുതലായവല്ലാത്തായും അത് തനിയാവൂല ഇല്ല ബാധ ഇല്ല ആന്മാ കാര്യമാണല്ലോ ശരീരത്തിന്റെ അമ്മായ മുതലായ തീര എല്ലാം അന്മാ കാര്യമാണല്ലോ അത് ശരീരം അസ്നിക്കാവാത്ത കാലത്തോളം മറ്റേ തനിയാന്ന് ോണം അവാമി മുത്തക്കു മുത്തക്കങ്ങളായ അവാമിൽ പെടാൻ പോലും പറ്റാത്ത ഒരാളെ ഉൾപ്പെടലെങ്കിൽ അവാമിൽ മുസ്തകങ്ങളിൽ പെടാൻ പറ്റാത്ത ഒരാളാ ഇതുകൊണ്ട് മുത്തക്കങ്ങളെ ഹീഫോ അഹബാദിനോടൊപ്പം ഉള്ളത് ആണ് കടന്നുകൊള്ളിയും അതാവിന്റെ വാവിൽ കൂടിയെന്നാണ് പറഞ്ഞത് അപ്പൊ ജയത്തിൽ കൂടിയേ ഹീഫത് ചേരുന്നുള്ളൂ അപ്പൊ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ചെറിയുണ്ട് അതിന്റേതായ ഹീഫ് സൗബകും സൗബന്റെ സ്വൂട്ടുകൾ തെഹസീസാക്കാൻ സിക്കണം ില്ലേ ഒന്ന് ചെറത്താണ് ഒരിനം സൗപത്തിൽ ചെറുത്തുണ്ട് സന്യാവാനുള്ളതുണ്ട് പിന്നെ അതിന്റെ തമാലാത്തിനുണ്ട് പറയുന്നത് ഇന്നു സിഖത്തിന്റെ ഷർത്താന്ന് പറയാൻ പോലും അത് മൂന്നുണ്ട് അന്നദമോ അല തിനെ തൊട്ട് യഥാമത്താണ് വൻ വ്യക്തത്തിൽ ഇപ്പം വല്ല ദോഷത്തിലുണ്ടെങ്കിൽ അതിൽ ചെങ്കടിക്കലാകുന്നു വൻ അല്ലാമേലും മടക്കി ചെയ്യൂലെന്നല്ലേ അതാണ് സാധാരണ പറയപ്പെടുന്ന മൂന്ന് ഷർട്ട് അല്ലേ ഇപ്പൊരുടെ ക്രസ്ണ്ട് വേറെ അത് മൂന്നെണ് അത് തീമു കൂട്ടിനുറപ്പിക്കുക തന്നെ ആ ശോഭ ചെയ്യൂന്നും ഇത് മേലാദോഷത്തിലേക്ക് മടങ്ങൂലെന്നുള്ള അജ്ഞണ്ടല്ലോ ദിന ദോഷങ്ങളൊത്തോട്ട് ധരിപ്പിച്ച അനുയായിരന്റെ വക്ക ഏതോടൊപ്പം കണ്ടില്ലാത്ത ദോഷം ഇപ്പൊ നിലനിന്നിട്ടുണ്ടെങ്കിലും വക്ക എന്നാല് ആ സൗബന്റെ ഉടമ നാഥിസായ ആളാകുന്നു ഒറ്റ വസക്കാരനല്ലെങ്കിലും നാകിസ്റ്റിന് ഉപ്പിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ശരീരത്തി തസ്ലീം പോകണം എല്ലാത്തിനും വിവരിക്കാനുള്ള തീരുമാനം പോകണം വക്കാലം അമ്മേ അവന്റെ അടുത്തേക്ക് ചിലപ്പോൾ മടങ്ങിപ്പോകനെ തൊടുത്ത് ചെലാമത്താവൂല്ല സെലാമത്തായിട്ട് വന്ന കുറവാണ് ഇപ്പൊ കിട്ടിയാലുണ്ടാകും ഇടിഞ്ഞു തെലാമത്താണെങ്കിലും മറ്റിലേക്ക് മടങ്ങിപ്പോന്നെ പോലും അതിനാ അതിനാൽ ഈ നസിൽ മുഹാലപ്പ മുഹാലപ്പന്റെ അസിനാൽ ഒന്നിനെ തൊട്ട് തോപാ ചെയ്തെങ്കിലും മറ്റൊന്നിന്റെ അസനട പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ വാജിബത്തിൽ അവന് വാദി വായാ ഹസ്തൻ പതിമാറി വസീരാത്ത് കൈമാ അതൊക്കെ പാക്കേജിനെ വിളിക്കാം വറപ്പൽ മതാലിമോ മാലി മാലിന്യമായ മണാലിമുണ്ടല്ലോ പൈസ ഇടപാട് അത് ലിഫ്റ്റി സാത്തിന് അതിൽ പുരാത്തില്ല ഉറങ്ങിയായത് കൊടുക്കണമോ അതിൽ മറ്റു അവിടെ ഉണ്ടെന്നാണ് നിറവിള രൂപത്തു പറഞ്ഞു അതാത്തി മാലികായ ആക്കല്ലാതെ രണ്ടുണ്ടല്ലോ മാലികൊണ്ട് എറും മാലി കൊടുക്കണം എറമ്പിന്റെ വിജയത്തിൽ മറ്റു ഹോ കൊടുക്കണം എന്നാണ് അപ്പൊ പറഞ്ഞു കമാലിൻ കമാലിന്റെ തെറുവത്ത് വേറെയുണ്ട് വലിയ തലത്തിന്റെ മൂന്നുണ്ട് വരാൻ പോകുന്ന കാലത്തുണ്ടാകണം കൂടുതൽ ഊർജ്ജ ചെറിയോട് കൂടി പ്രശ്രമിക്കുക കഴിഞ്ഞ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി പത്തുകൊല്ല എങ്ങനല്ലോ എന്നല്ല ആ പത്തുകൊല്ലത്തെ നഷ്ടപരിഹാരത്തിൻ്റെ മതിക്ക് കൂറും പ്രശമിക്കുക കഴിഞ്ഞുപോയ കാലത്ത് തസ്തീരം വന്നതിനെ പകരമായിട്ടുണ്ട് സംഭവിച്ച കേന്ദ്രങ്ങളിൽ എവിടെ നിന്നും അതിൽ നിന്നെല്ലാം ഒഴിച്ചോടിക്കൊള്ളണം അതിന്റെ ആഗുവാൻ ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയാം അത് നൂറാണക്കൊന്നോട് മതില്ലേ ഞാൻ ആദ്യം കണ്ടാവും അപ്പൊ തെറ്റിനേക്ക് വെളിച്ചോറി അത് ഈ കൊല്ലി മതിലിനും നമുക്ക് തഴിയുന്ന എല്ലാ വഴി ഉപയോഗിക്കണമില്ല ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കണം വയനു ലഹൂബി അതി പക്ഷേ കമാലി എത്തി കിട്ടണം എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കണം അപ്പൊ സിഹത്തിന്റെ ചേർത്തിന്റെ ഭാഗമായി നന്ദി ഉണ്ടായിരുന്നു കഴിയില്ല സാധനയില്ല ചേർത്തുകൾ ഒരാണ്ടായി പോയാൽ പരാപത്തരവോ തൗപ തീരേയില്ല അവൻ കുറ്റക്കാരൻ തന്നെയാണ് തായ്ബായ് ആണ് തായിബായുരോട്ട് തായ്വേബിൻ എത്തിയതാണ് തായിബായ് ആച്ച വക്കാലം മറ്റൊരു ദോഷത്തിലേക്ക് മുങ്കൻ ബാബൽ എന്ന ആപ്പാത്തിനത്തിൽ രക്ഷപ്പെടുക കുറവാകുന്നു ുംഹത്തേക്ക് <imitation> മാത്മാലി <imitation> <imitation> <imitation> <imitation> <imitation> അപ്പോൾ തിഷത്ത് തങ്ങിയെങ്കിലേ തഹത്തേക്ക് വരുന്നുള്ളൂ സഹത്തേക്ക് തങ്ങിയങ്ങനെ കമ്മാലി കിട്ടുള്ളൂ അപ്പൊ ഇതുണ്ടെങ്കിലേ വരുള്ളൂ ഇതിൽ ഉണ്ടെങ്കിൽ വരുള്ളൂ അപ്പൊ തട്ടിമുണ്ട് മഹാകലി തഹത്തേക്കായാലേ അത് കേസമുള്ളത് വിദ്യോളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അൽമർവതം ഒരു വർഷം പോരാ ഒരു വർഷത്തിന് ശേഷം വീണ്ടും വീണ്ടും അതിന്റെ മേൽ പ്രയോജിപ്പിച്ചുകൊണ്ടും അത് കൽപ്പിച്ചുകൊണ്ട് എന്നാകുന്നു ആവർത്തിച്ച വർത്തീയാ അതിന്റെ മേൽ ഉണർത്തി തസ്തീർ എന്നെ ഇവൻ അകപ്പെട്ട പ്രത്യേക ദോഷത്തിനെ സൂചിപ്പിക്കലാണ് തസ്തീര് ഇരുമാൻ എന്നറിയുമ്പോൾ വർഷത്തിൽ എന്താ എല്ലാ നേതൃ പറഞ്ഞു അപ്പൊ ഇരിക്കാം അപ്പം അതിന് ബാലാസ്വാമി അഞ്ച് ഭാഗങ്ങളിലാണ് വന്നത് മുറുഹോ പിന്നെ കൊണ്ട് വലിയ ഒരു വർഷം പിന്നൊരു വർഷം ഇങ്ങനെ പതിനൊന്ന് ഭാഗത്തേക്ക് കാണാമെന്നാ മതിപ്പിക്കണം ൂറ്റി നാൽപ്പത്തെട്ടിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ അപ്പൊ പായ്ലത്തിൽ തരാകത്തോന്നൂര് സ്വരംഭത്തിന്റെ മൂന്ന് പായുത ഒന്ന് ഇവന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി പോകുന്ന തൊട്ടും അവസ്ഥകൾ തലമറിഞ്ഞ തൊട്ടും അതൊരു താവലാണ് ഇവരെ കണ്ടോക്കുന്നോ അവസ്ഥ ും അവരെ കൂടെ ഇരിക്കുന്നുണ്ട മുർവായ കഴിയാക്കാൻ പുതിയ മരണ പറഞ്ഞു കേസിനോടൊപ്പം ഉണ്ടാകുന്ന ആക്കോളം പൊതുവരെ കേട്ടുകൂട്ടാൻ സാധിക്കൂലീല മസാല ചെരുവ മസാല ചെരിയോപ്പ ോടൊപ്പം ഇരിക്കൽ ഋജുലത്തിന് കണക്കുതലാകുന്നു അതിനകത്ത് വന്നില്ല തോൽ വൻ അപ്പൊ അവാിൻത്തിനോടൊപ്പം ആകുന്നുണ്ടല്ലോ കോലം കെട്ടുന്നു അവരോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ അവാദിയോടൊപ്പം ഇരിക്കലാണെന്നത് ഇവരെ കോലം കൊണ്ടാണ് വലിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് ആര് പറഞ്ഞത് സംഗീതി അറി പറഞ്ഞത് അപ്പൊ എത്ര ആദ്യം ാണ് അസന് ദുരിസം നല്ലായിരിക്കും അവാമിനെ തിരിച്ചാണ്ഹിരങ്ങളോടൊപ്പം ഇരിക്കുന്നതിനേക്കാണ് അവാമിനോടൊപ്പം ഇരിക്കുന്നതാണ് അതിനൊക്കെ ദിവസം അവിടെ ഇരിക്കുന്നോശമാണ് മിഞ്ചീട്ടെല്ലാത്തിനേക്കാണ് മോശം നയ്യാക്കന്മാരും എന്തായി ഒന്നി മുടൂലീ പിന്നിപ്പിക്കേണ്ടി പിന്നെ ഒരൊറ്റ പത്നി ഒന്നായി മാറായിട്ട് പത്തുറാൻ സൈബവും ഈ മൈലാമാരത്തെ ഒരൊറ്റ പത്നും ഞാൻ കണ്ടിട്ടില്ല നമ്മളെ തോന്നിന്റെ മുസ്ലിങ്ങളായൊരുണ്ടായിക്കല അതുകൊണ്ട് വഴിമുടക്കുന്ന ആളില്ല ആലമീതി വഴിമുടക്കിയും അത് ആരും അരികാര് ഉണ്ടാകണോ അതിന് പൂർണമായി തസ്ലീം ചെയ്യപ്പെടുന്ന ചില ആളും ഇത് വളരെ സംസാരിക്കില്ല പക്ഷേ അമേതയുള്ളത് അങ്ങനെ ചുരുക്കമാകുന്നു െന്ന് പറഞ്ഞു അന്ന ഇന്നോബി ഇന്നലോബിറമ്പ ഇന്നലെ കുളോബിന്റെ തിന്റെ മതത് ശ്രീ പറഞ്ഞാൽ തുറമ്പത്തോണ്ടേ വരുള്ളൂ അതും വസ്ത്രം പായിച്ചിട്ടില്ല ഏകം പായിച്ചില്ല സ്വയംബത്തോണ്ടാ സംസാരിച്ചോണ്ടും കർച്ച ചെയ്തുകൊണ്ടും തീരുമാനിച്ചോണ്ടിരിക്കണം ഒരാൾ ഒരു ഹാലത്തോണ്ട് മുത്താണെങ്കിൽ ഹാലരോഗം നിന്നാൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട രാന്നു കൊണ്ടുവോ ഒരു ഭാര്യം വിളിക്കാണ്ടിരിക്കില്ല എത്രയും സമയം നിർണയിക്കുന്നായാലും അത് പറഞ്ഞില്ലാ ഓർത്തതായി മറ്റൊരു മണ്ണിങ്ങനെ കപ്പെടുക്കുന്നുണ്ടാവുവാൻ അതിലുണ്ടാവില്ല ഈ മലയാളം പറയുന്നത് അവൻ ആരെയാണോ ഉച്ച അവന്റെ വീട് വലിയ ആവുന്നുള്ളു സഹോദരന്റെ മുഖക്കണ്ണാടി ആകുന്നു ഒരു കണ്ണാടി എന്താണോ പറഞ്ഞത് ആ പകുതി മറ്റൊന്നു കണ്ണാടി അങ്ങനെ ഓരോ മകൾ പറഞ്ഞു അവന് ഞാൻ കാര്യമായി താൻ തെറ്റും എനിക്ക് തോന്നലിയിരുന്നു എനിക്ക് പ്രഹടമാകുന്ന കാര്യമായി എനിക്ക് എത്തിയിട്ടില്ല അത് കൂട്ടത്തിൽ കൂടി നോക്കുമ്പോൾ അതിനകത്താണ് മൈകോണ്ടെ കാണുമ്പോൾ ഈശാലും അപ്പൊ കണ്ടിഷറിന്റെ കൂടിയാലും ചടങ്ങിന്റെ കളഞ്ഞിട്ട് ഇല്ല അതുകൊണ്ട് കുറച്ച് നാട്ടിൻ പറഞ്ഞുകൊണ്ട് പോയിട്ട് ആളും പറയുന്നത് കണ്ടിട്ട് വന്നപ്പോ ചടങ്ങിന്റെ പുറത്തു പോകുമ്പോ അല്ലെന്ന് അവിടെ പറഞ്ഞു വെച്ചു ആ സമയങ്ങളാണ് രീതിയിൽ വന്നാൽ പിന്നെ അപ്പല്ല കാര്യമാണെങ്കിൽ അങ്ങനെ തരും ുന്നു ുംബുദ്ധ തുറമ്പത്തിയുദ്ധമാക്കാലാണ് എന്തത് ആ അതാവണല്ല بِغَائِبِ طَاهِرِينَ طَالِبًا يَوْرَاقِنْ تَهَمَّكُ وُدَاعَنِي إِلَيْهَا أَعُوذُ بِاسْمِ نَاطِئٍ مِنَ النَّاطِحِ يَهْدِيهِ إِلَى السَّلَامَةِ مِنَ بُغُونَاتٍ وَرَائِحَةٍ وَتَكِنُ بُغُونَاتٍ مِثْلَ الثَّلْجِ سَلَامَةً كَامِلَةً وَلَا يَتَعَدَّمُ الْقَطْرُ وَعْدَهُ أَبَدًا وَلَا قَطْرُ وَتَكِنُ وَلَا أَدَبُ بِذِكْرِ اللَّهِ وَتَكِنُ وَلَا نَوْلًا وَرْنُهُ وَلَا മെഡിക്കൽ കോളേജിൽ പഠിച്ചു പത്രമാരെ കൂടെ കൂടുതൽ പ്രാക്ടീസ് ആക്കിയിട്ടും ഒരു ബോയ്ക്ക് എഴുതിക്കും ബി പി എത്തും ചൂട് വർഷം അടച്ചിടന്നിങ്ങനെ പഠിക്കുന്ന ഭാഗത്തന്നെ മനസ്സോറാണ് തമ്മിൽ ഞാൻ പഠിക്കണമെന്നല്ല പിന്നെ അടവിയാണ് അവരുടെ അകലോട് തുറന്ന തികത്തി പഠിക്കേണ്ടതാകുന്നു ും അങ്ങനെത്തിയാൽ അതത് ഉണ്ടായിട്ടുള്ളും കൂട്ടത്തിൽ കൂടെ ഉണ്ടാവും അത് പഠിച്ചോടൂ ഓരോട്ടീതി ഗ്രഹനായോ സമൂഹത്തോ അത് മരിച്ചു കിട്ടൂല മാതാമസമായി അയാൾക്കാത്ത അയാൾ നഷ്ടയാളുണ്ടല്ലോ ഓരോ കൂടിയാലും എന്ന സജീവ കൂടിയാല് നമ്മളെ നെറ്റ് നെറ്റ് കിട്ടു നെക്സിക്കലാണല്ലോ ഒട്ടാക ഒട്ടാകെ നാല് കാര്യമല്ലോ ഒന്ന് അത്യാവശ്യമായ ഇന്ന് രണ്ട് നാട്ടിനാല് പെട്ടെന്ന് ഒരു പെരുത്തിന്റെ പിന്തുണ മോൾ നല്ലൊരു ഒരു സ്വന്തത്തിൽ കൂട്ടി വെച്ച് നാലാകട്ട് നെറ്റ് നെറ്റ് നാലുണ്ടായ രണ്ടാമത്തെ വേണ്ടും കൂടെ കൂടിയ കാര്യം ലക്ഷി അപ്പൊ നെറ്റ് ോടൊപ്പം കൂടിയാറുണ്ടാവും നമ്മൾ അങ്ങനെ ൂ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തായാലും പഠിച്ചു കൊടുക്കും അപ്പൊ പെരിയപ്പെട്ടുകൊണ്ടും കാരണം പെരിയക്കട്ടില്ലെങ്കിൽ ആധാപകളും ഇങ്ങനെ പാലിക്കണം എന്നുള്ളത് ഉണ്ടായി ഇതുപോലെ ഞാൻ കൈകെട്ടായിട്ടില്ല അത് മാത്രമല്ല ോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ണം പ്രസോദിതമായേ വിനാശ പ്രസോദിതമാവുള്ളൂ തുടങ്ങണം അപ്പം ഇല്ലാണ്ടായി ബാസിനൊക്കെ അയച്ചില്ല നാടൊ ശരിയാക്കാണ്ട് ും ഉണ്ടാകും മാറി പോകുന്നത് ഒന്ന് അതാണ് മുടക്കുമുതൽ അതിന് അപ്പുറമുള്ളതാവും ആവുകാലിക്കൊണ്ടാണ് അമറാം എന്നത് അമ്മയും അമ്മൂടി അടക്കി അമ്മൂടി ഈ നാങ്ങമായ വേണ്ടത് വെച്ചു ആയിമത്തുകളും അഴിമത്തുകളും മുതറ ബാത്തിയാക്കാൻ മാത്രം അപ്പം തന്നെ ബാക്കി വേണമെന്നപ്പറ്റിയല്ല ഈ ലാഹിര് തിരിയാവേ ബാക്കി ആവുന്നു അത് വേണ്ടത് വന്നിട്ട് നാഹുര മാത്രം ബാക്കി മാത്രമല്ല രണ്ടും കൂടെ കൂടി നമുക്ക് വേണ്ടത് വരും നമുക്ക് രണ്ടും കൂടെ കൂടിയാണ് ആദ്യം നാഹു വേണം ഭീമന്റെ ബാക്കി വേണം അപ്പൊ ഭീമന്റെ ഈ ലീമിന്റെ അയ്മത്തുകളും ഭീമിന്റെ അയ്മത്തുകളും എന്താക്കി പറയാതെ മുതിർന്നതായിട്ട് അതുകൊണ്ട് വെട്ടിക്കെന്തിനാ ബാക്കിന് കഴിഞ്ഞാൽ വന്നോളം പുല്യ മറ്റേ ബഡ് അക്കൗണ്ടല്ലൊപ്പം തോന്നുന്നു ഒന്നൊന്നും കനിയാവാതാ മതി തനിയായി പോവല്ലോ എനിക്ക് പാടമുണ്ടാകാൻ വാരിച്ചാകെ താറ ചെടി ആവാണ്ട് താറ വെള്ളപ്പോൾ ചെറു വെള്ളം കഴിഞ്ഞാല് ബില്ലിന് കലി ഞാൻ പോകും താറ ചെടി ഊറ്റി ഉറക്കി തെറ്റായിട്ട് പോണെ ഇപ്പൊ തരാം പൊക്കാൻ വാഹി നല്ല വാടീ അതാണ് പറ്റിയോന്ന് പറയുന്ന കണ്ടിയതാണ് പറഞ്ഞു ഒരാളോട് അദ്ദേഹം തങ്ങളോട് പറഞ്ഞു അയ്യോ എന്തൊക്കെ പഠിപ്പിച്ചിരണം എന്ന് വണ്ടാ പറഞ്ഞത് ോ അത് ശരിയായോ എന്ന് പറഞ്ഞത് ലവ എന്നിപ്പോൾ സംബന്ധിച്ച് അതിന് രണ്ട് ചെയ്തു അതിരണ്ട് അതിനു പേരുന്ന് തങ്ങൾ ചോദിച്ചു ഇപ്പോഴാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത് ഹേ പോയി فَأَكْمَمَ بُيُوتَهُمْ و... من وَلَا يَنْهَوْنَ عَنِ الْمُنكَرِ وَلَا يَحُضُّونَ عَلَى الْمَعْرُوفِ وَتَوَلَّوْا وَهُمْ عَنْهَا مُعْرِضُونَ وَهُمْ صِغَارٌ مِنْكُمْ أَيُعِيبُكُمْ أَن كَبُرْتُمْ بِهِ وَلَا عِلْمَ لَكُمْ إِنَّ مَن نَّزَلَ مَأْثُورَهُ عَلَى رِقَاعِ صَلِيبِهِ فَسَخَّرَ اللَّهُ مَذَلَّتَهُ مَذِلَّةً كَبِيرَةً لِأَنَّهُ أَتَنَوَّلَ ഉമ്മ ഇങ്ങനെ മഞ്ഞാഗ്രഹവും നായി പിന്നു എങ്ങനെയായിരിക്കും തിരിച്ചു മല ആയിക്കൊണ്ടുവന്നു അതായത് നാവുണ്ടാണോ പറഞ്ഞിരിക്കുന്നത് ഉണ്ടാകും നിങ്ങൾ എന്നെ ഉണ്ടാക്കും നാവുകൊണ്ട് വന്നത് മാസങ്ങൾ ആ രീതിയിൽ നിഷാധിപ്പായ രീതിയിൽ ഉണ്ടാക്കണം വായിൽ കളിയാക്കിയാൽ ഭക്തി നമ്മുടെ ഭക്തിരത്തിനുള്ള ആൾക്കാരെ പുറത്തു കൊടുക്കുന്നു അന്നതാണ് ഹക്കനെ കാണുന്നുണ്ടെന്നു മറ്റേ കൊടുത്തപ്പെടാനുള്ള കാരണം പറഞ്ഞാ ശരി നമ്മുടെ ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതിനു കേട്ടോ ഭക്തി നടുവിൽ കാര്യം പറയാൻ പോകുന്നു ഇപ്പൊ സെക്കൻഡ് ഇയർ പറയുന്നത് ഇല്ലാ ദാസുകളും ആമാ ു ഇന്ത്യ മൂന്നാം രീതി എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒമ്പത് ഉള്ള രീതിയിൽ നിന്നുള്ള കുട്ടികളുടെ പാട്ടാതാ ൂ പൈതാവോഹി മാ മി ആ ഈ പറയപ്പെട്ട കുറെ കാര്യം അതൊക്കെ ചെയ്യാൻ തയ്യാറെന്ന് കണ്ടാലും ഇല്ലല്ലേ ആക്കിയപ്പോൾ വിവാദത്തിൽ അയാളെ തെറ്റിടാൻ വിവാദം ഇൻ മൊറിയേരി അന്ന് അത് പറയാൻ കാരണം വിവാദത്തിനോടെ പച്ചക്കറി കിടക്കുന്നില്ല മുരീതി എന്ന് ഇന്ന മുദിന അവിടത്തെ ചില വിടൂതകളുണ്ട് ഇന്ന ഇന്നതായാലേ മുരീതാവുള്ളൂ അല്ലെങ്കിൽ ഉയർന്ന ഇന്ന് മുരീത് പോലും ആവാനുള്ള പദവി കണ്ടാത്താണ് കീട്ടൻസായ രംഗത്ത് വരുന്നത് ആരൂതുകൾ എന്തകാരണത്തിന് വേണ്ടിയിട്ടാണ് കീടന പോരീരൻ അവൻ മുരൂരി എന്ന് ജോലി പറയപ്പെട്ടത് അതുകൊണ്ടാണ് വിചാരില്ലേ അവസരത്തിൽ ജവാബ് അറിഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞു അയാള് ഇപാദയോട് കൂടി എല്ലാം എഴുതി തെരഞ്ഞു അതോടൊപ്പം വിവാദത്തിന് തെറ്റാൻ ഏതൊക്കെ അടുത്ത് തുടങ്ങി അവസരത്തിൽ അവർ ആ വേദന നടത്തപ്പെടണം ജവാബ് ായത് ഔറാദ് ഔറാദും മാത്രണ്ട് ഔറാബിൽ പോലെ അറിയിപ്പെട്ടതാണ് ഇത് കാരണം അലിമോ അവർ അങ്ങനെ മുക്തകപ്പലില്ലാത്ത ഈ മുഴുവിലും മാറി വിവിധങ്ങളായ രോഗങ്ങളെ സംബന്ധിച്ച് അവർ അറിയിച്ചിട്ടുണ്ട് ആ രോഗത്തിന് ചികിത്സ പല ഏകദേശത്തിലുള്ള വിരൂഢം അമ്മിയാബൂന്ന് പറഞ്ഞു മസാല ഈ അപകടയിലേക്ക് പലപ്പോഴും മൂന്ന് കാര്യം കൂടിയാൽ അത് അഴിഞ്ഞ മൂന്ന് കാര്യത്തിൽ വന്നാൽ അയാൾ അതിൽ നിന്നും ി വാപാരത്തിനെ വരുമെത്തിന്റെ നത്തിന്റെ കാര്യത്തിലും പൈസന്റെ കാര്യത്തിലും ഓൺലൈൻ